നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം ഫോൺ നയൻ ഫൈവ് ടു നവഗ്രഹങ്ങളിലെ ബുധൻ എന്ന ഗ്രഹത്തിനെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു തുടങ്ങിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കുട്ടികൾ ഈശ്വരനാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന നിരവധി ശക്തികളുടെ പ്രതീകങ്ങളാണ് ഗ്രഹങ്ങളെന്നാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കുട്ടികൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് കുട്ടികൾ കുട്ടികൾ ഈശ്വരനാണ് അപ്പോൾ പ്രശ്നം ഒക്കെ വെക്കുമ്പോൾ ഒരു രാശി വരച്ച് ആ രാശിയിൽ ഒരു ചെറിയ കുട്ടിയെ വിളിച്ച് ഒരു സ്വർണം പുതുപ്പണം എന്ന് പറയും കൊടുത്ത് ഇഷ്ടമുള്ള രാശിയിൽ കുട്ടിയോട് വയ്ക്കാനാണ് പറയുക എന്നിട്ടാണ് ആ ഫലം ജ്യോത്സ്യന്മാർ കണ്ടുപിടിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ചെറിയ കുട്ടികളെയാണ് സെലക്ട് ചെയ്യാറുള്ളത് പതിനഞ്ചും ഇരുപതും വയസ്സായ കുട്ടിയല്ല സെലക്ട് ചെയ്യുക ചെറിയ കുട്ടികൾ എന്നിട്ട് ആ അപ്പോൾ കുട്ടി ഈശ്വരനാണ് എന്തിനാണ് പ്രശ്നം വയ്ക്കുന്നത് എന്താണ് ദോഷം എന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം ആ ഗുണങ്ങളും ദോഷങ്ങളും ഈശ്വരൻ കുട്ടിയുടെ രൂപത്തിൽ വന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു അതുകൊണ്ട് കുട്ടികൾ തന്നെ വേണമെന്ന നിർബന്ധമാണ് അപ്പം കുട്ടികൾ ഈശ്വരനാണ് എന്ന ആ കുട്ടിയെ ഈശ്വരനായിട്ട് കണക്കാക്കുക എന്ന ഒരു സങ്കല്പത്തു നിന്നാണ് ബുധഗ്രഹത്തിൻ്റെ സങ്കല്പം കിടക്കുന്നത് നവഗ്രഹ സങ്കല്പത്തിൽ സൗരയൂഥ സങ്കല്പത്തിൽ അച്ഛനും ചന്ദ്രൻ അമ്മയും ആകുമ്പോൾ ബുധൻ കുട്ടിയാകുന്നു ബുധൻ കുട്ടിയാണ് സൂര്യനെ രാജാവ് നവഗ്രഹങ്ങളെ ഒരു കുടുംബമായിട്ട് സങ്കല്പിക്കുമ്പോൾ സൂര്യൻ അച്ഛൻ ചന്ദ്രനമ്മ ബുധൻ മകൻ നവഗ്രഹങ്ങളെ ഒരു രാജ്യമായിട്ട് നമ്മൾ സങ്കല്പിക്കുമ്പോൾ സൂര്യൻ രാജാവ് ചന്ദ്രൻ രാജ്ഞി ബുധൻ യുവ രാജാവാണ് അതുകൊണ്ടുതന്നെ സൗരയൂഥ യുവരാജാവാണ് ബുധൻ മാത്രമല്ല നമ്മൾ നോക്കുമ്പോൾ ഗ്രഹങ്ങളുടെ വലിപ്പം നോക്കുമ്പോൾ ബുധൻ ഏറ്റവും ചെറിയ ഗ്രഹമാണ് ഏറ്റവും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്രഹങ്ങളുടെ കഥാപകൃത്യം പ്ലാനറ്റ് എന്ന സങ്കല്പത്തിൽ വരുമ്പോഴും ബുധൻ വളരെ ചെറിയ ഗ്രഹമാണ് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ അങ്ങനെയാണ് പോണത് അപ്പോൾ ബുധൻ ഏകദേശം ഭൂമിയുടെയൊക്കെ അടുത്തായിട്ട് തന്നെയാണ് വരിക സൂര്യൻ്റെയും ഇടയിലാണ് ബുധൻ്റെ സ്ഥാനം അപ്പോൾ ബുധൻ ഒരു യുവരാജാവാണ് ഒരു കുട്ടിയാണ് ഒരു ഒരു കുട്ടെ സം സംബ അച്ഛച്ഛനും അമ്മയും കുട്ടികളെ പറ്റി ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞ് ഒന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയെ പറ്റിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും നമ്മളെ അലട്ടുന്നതും പത്തിരുപത് അല്ലെങ്കിൽ ഒരു വർഷത്തോളം നമ്മളെ ഏറ്റവും കൂടുതൽ ആ കുട്ടിയെ പറ്റി ചിന്തിക്കുന്ന ഒരു വിഷയം എന്തായിരിക്കും ലോചിച്ച് നോക്കൂ ഏറ്റവും കൂടുതൽ കുട്ടികളെ പറ്റി നമ്മൾ ആകുലപ്പെടുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതുമായ ഒരു വിഷയം എന്താണ് തീർച്ചയായിട്ടും അവരുടെ വിദ്യാഭ്യാസമാണ് സംശയമില്ല കുട്ടിക്ക് രണ്ട് രണ്ടര വയസ്സാവുമ്പോഴേക്കും നമ്മൾ ചിന്തിച്ച് തുടങ്ങും കുട്ടിയുടെ വിദ്യാഭ്യാസം അച്ഛനമ്മമാർ ഏറ്റവും ആകുലപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിനെയാണ് അവരുടെ ആരോഗ്യത്തിനേക്കാൾ മറ്റുള്ള പ്രവൃത്തികളെക്കാൾ നമ്മളെ അസ്വസ്ഥരാക്കുന്നതും നമ്മളെ സന്തോഷഭരിതരാക്കുന്നതും നമ്മളെ ചിന്തിപ്പിക്കുന്നതും നമ്മളെ പ്രവർത്തിപ്പിക്കുന്നതും കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് അതുകൊണ്ട് തന്നെ ജ്യോതിഷത്തിൽ ബുധൻ എന്ന ഗ്രഹം വിദ്യയെ സൂചിപ്പിക്കുന്നു വിദ്യയുടെ അധിപനാണ് ബുധൻ വിദ്യ വാക്ക് വിദ്യ ബുദ്ധി യുക്തി ജ്ഞാനം കൗശലം ഗണിതമല്ലെങ്കിൽ മാത്സ് ഇതൊക്കെ ബുധനെക്കൊണ്ടാണ് ചിന്തിക്കുന്നത് പ്രഭാഷണം പ്രബന്ധാവതരണം കവിത്വം കവി കവി ആയിട്ടുള്ള ആ ഒരു ഗുണം പാണ്ഡിത്യം വിജ്ഞാനം കല കലാ നിപുണനം കല കലയിലുള്ള ആ ഒരു നിപുണത ഇങ്ങനെ ഭാഷ ഇങ്ങനെയുള്ള ഒരുപാട് വിദ്യാലയം ഇതൊക്കെ ബുധനെക്കൊണ്ടാണ് ജ്യോതിഷത്തിൽ ചിന്തിക്കുന്നത് ധർമ്മബോധം മാനസികമായിട്ടുള്ള വളർച്ച വിനോദമായ വിനോദപ്രിയം എഴുത്ത് ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ബുധനെക്കൊണ്ടാണ് ജ്യോതിഷത്തിൽ ചിന്തിക്കുന്നത് ഇതൊക്കെ ഒരു കുട്ടിയിലുണ്ടാവേണ്ട ഗുണങ്ങളും അല്ലെങ്കിൽ കുട്ടിക്കാലം മുതലേ നമ്മൾ വളർത്തിയെടുക്കേണ്ട ശീലങ്ങളാണ് വാക്ക് നല്ല രീതിയിൽ വിദ്യ അതിൻ്റെ ഏറ്റവും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം വിദ്യ ജ്ഞാനം പാണ്ഡിത്യം വിവേകം ഇതിൻ്റെയൊക്കെ ഒരു പ്രതിനിധിയാണ് ബുധൻ അപ്പോൾ നമ്മൾ ബുധനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിദ്യ അല്ലെങ്കിൽ അറിവിനെ ആരാധിക്കുന്നു നമ്മൾ ജ്ഞാനത്തിനെ ആരാധിക്കുന്നു നമ്മൾ പാണ്ഡിത്യത്തിനെ ആരാധിക്കുന്നു നമ്മൾ വിവേകത്തിനെ ആരാധിക്കുന്നു അങ്ങനെ നമ്മൾ പ്രഭാഷണചാതുര്യത്തിനെ ആരാധിക്കുന്നു നമ്മൾ കവിത്വം അതിനെ ആരാധിക്കുന്നു നമ്മൾ വിദ്യാലയത്തിനെ ആരാധിക്കുന്നു ഇതൊക്കെ അറിവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് നമുക്ക് ഓർമ്മ കാണാം ബുധഗ്രഹം പ്രധാനമായിട്ടും യുവത്വം യുവത്വത്തിനെ ആരാധിക്കണം ബുധഗ്രഹം പ്രധാനമായിട്ടും വിദ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടുതന്നെ വിദ്യ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി എന്ന് പറഞ്ഞു പെൺകുട്ടികൾക്ക് വിഷമം വേണ്ട വിദ്യ വിദ്യാർത്ഥിനികൾ ഇവരെല്ലാവരും തീർച്ചയായും പ്രാർത്ഥിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ ഗ്രഹമാണ് ബുധൻ ബുധൻ വിദ്യയുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങൾ ബുധനെ ആരാധിച്ചാൽ വിദ്യയെയാണ് ആരാധിക്കുന്നത് അറിവിനെയാണ് ആരാധിക്കുന്നത് ജ്ഞാനത്തിനെയാണ് ആരാധിക്കുന്നത് ഇതിൻ്റെയൊക്കെ റെപ്രസെൻറ്റേഷനായിട്ടുള്ള ഗ്രഹമാണ് ബുധൻ അത്ര അത് നമ്മൾ വളരെ യുക്തിപൂർവ്വം ചിന്തിച്ച് നോക്കുക ഒരു കുട്ടിക്ക് അച്ഛനമ്മമാരെ ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസത്തിനെ പറ്റിയിട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നത് മാത്രമല്ല കുട്ടിയെ സംബന്ധിച്ച് ഈ പറഞ്ഞതൊക്കെ ചെറുപ്പത്തിലെ വളർത്തിയെടുക്കേണ്ട കാര്യങ്ങളാണ് വാക്ക് നല്ല വാക്ചാതുര്യം അതുപോലെ തന്നെ ബുദ്ധി യുക്തിചിന്ത ജ്ഞാനം കൗശലം കൗശലം എന്ന് പറഞ്ഞാൽ കള്ളകൗശലല്ല നല്ല കൗശലം ഗണിതം അല്ലെങ്കിൽ മാത്സ് എഴുതാനുള്ള കഴിവ് അതുപോലെ തന്നെ ഈ പ്രഭാഷണചാതുല്യം കവിത്വം ഇതൊക്കെ പാണ്ഡിത്യം ഇതൊക്കെ നമ്മളെപ്പോൾ കലാതിപുണനം ഇതൊക്കെ കുട്ടികളായിരിക്കുമ്പോഴേ നമ്മൾ കുട്ടികളിൽ വളർത്തിക്കൊള്ളുകൊണ്ട ശീലങ്ങളാണ് ഇതൊക്കെ ഒരു കുട്ടിയിൽ എല്ലാ കുട്ടിക്കും ഒരുപോലെ ഉണ്ടാവില്ല അത് വേറെ കാര്യം പക്ഷേ ഇതിൽ പല കഴിവുകളും പല കുട്ടികൾക്കുണ്ടാവും അപ്പം അത് വളർത്തിക്കൊണ്ടുവരാനും ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് തന്നെ അതിൻ്റെ മുഴുവൻ കാരകത്വം അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ അതിൻ്റെ മുഴുവൻ പ്രതിനിധി ബുധനാണ് അപ്പോൾ നമ്മളുടെ പൂർവികരുടെ ഒരു ചിന്ത നോക്കൂ ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു ചെറു ഒരു കുട്ടി ആ കുട്ടിയുമായി ആ കുട്ടിക്ക് എന്തൊക്കെ ചെറുപ്പത്തിൽ വളർത്തിയെടുക്കേണ്ട ഗുണങ്ങളുണ്ടോ ആ കുട്ടി ഏതൊക്കെ രീതിയിൽ വളർന്നു ആ ഘടകങ്ങൾ മുഴുവൻ ഒറ്റ ഗ്രഹവുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് ഇതിൻ്റെ മുഴുവൻ ഒരു പ്രതിനിധിയാണ് ഈ ബുധൻ അപ്പോൾ അതാണ് പറഞ്ഞത് ഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മളിൽ കാണുന്ന ഗോളമല്ല നിരവധി കാര്യങ്ങളുടെ ഒരു പ്രാതിനിധി പ്രതിനിധിയാണ് എന്ന് പറയാനുള്ള കാരണം അപ്പോൾ വിദ്യ ബുധനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിദ്യയുടെ അധിപനാണ് ബുധൻ എന്ന് മനസ്സിലാക്കുക ഇനി ബുധനെ പറ്റിയിട്ട് നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട് അടുത്ത ദിവസം പറയാം നമസ്കാരം